കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ നാം അവർക്ക് നൽകി എന്നാൽ അറിവ് വന്നതിനുശേഷം അവർക്കിടയിലുള്ള മത്സരവും അസൂയയും കാരണമാണ് അവർ ഭിന്നിച്ചത് അവർ തർക്കിച്ച കാര്യങ്ങളിൽ പുനരുദ്ധാന നാളിൽ നിങ്ങളുടെ രക്ഷിതാവ് അവർക്കിടയിൽ വിധി തീർത്തുകൊടുക്കുന്നതാണ്